ി ദേശീയ നാടക പരിപാടിയിൽ ഇന്ന് നാടകം ജയവർദ്ധന്റെ നിർജൻ കാരാവാസ് എന്ന മൂല ഹിന്ദി രചനയുടെ മലയാള പരിഭാഷ ഘോഷ് നിങ്ങളല്ലേ അതെ ഞാൻ തന്നെയാണ് അരവിന്ദ് ഘോഷ് ചെയ്യൂസ്റ്റോ എന് വെറും അറസ്റ്റ് അല്ല ആ കയർ എടുക്കുന്നത് അതില്ലാതെ ഞാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ വാറണ്ട് പിടി നല്ലതുപോലെ വായിച്ചു നോക്കി വാറന്റ് അതില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് എന്നെ അറസ്റ്റ് ഇൻസ്പെക്ടർ നിങ്ങൾ എന്തിനാണ് എന്റെ സഹോദരിയുടെ തലയ്ക്ക് ഇതാണോ ധീരത നിങ്ങൾ നിങ്ങളുടെ ഇളയ സഹോദരൻ ബരീന്ദ്രകുമാർ ഘോഷും ചേർന്ന് ചെയ്തു കൂട്ടിയതോ അതാണോ ധീരത എത്ര നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് കൊള്ളാം നിങ്ങൾ പറയുന്നു ഞാൻ കുറ്റകൃത്യം ചെയ്തുവന്ന് എനിക്കാണെങ്കിൽ അതിനെ കുറിച്ച് യാതൊന്നും അറിയില്ല നിങ്ങൾ തന്നെ ഞാനും അതെല്ലാം വഴിയേ മനസ്സിലായികോളും നടക്കെ ഇൻസ്പെക്ടർ ഈ വീടിന്റെ ഒരു ഇഞ്ച് സ്ഥലം വിടാതെ പരിശോധിക്കണം ഓക്കെ അതൊന്നും ഒഴിവാക്കേണ്ട ഘോഷ് നിങ്ങൾ നിങ്ങളൊരു ബി എ പാസ് ആണല്ലേ അതെ ശരിക്കും ബി എ പാസ് ആണ് വിദ്യാഭ്യാസം വിദേശത്തായിരുന്നു ഇതെന്തൊരു വീടാണിത് വിദേശത്തു നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടും ഈ ജീർണിച്ച വീട്ടിൽ ഒട്ടും ഫർണിഷ് അല്ലാത്ത മുറിയിൽ ഈ തറയിലാണോ നിങ്ങൾ കടന്നുറങ്ങുന്നത് നിങ്ങൾക്കിത് വെറും തറ മാത്രമായിരിക്കാം പക്ഷെ ഞങ്ങൾക്കിത് അമ്മയുടെ മടിത്തട്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ും ആനന്ദം പരിചിതമായിരിക്കും നിങ്ങളെപ്പോലെ ഞാൻ പാവപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ ദരിദ്രനെ പോലെയാണ് ജീവിക്കുന്നത് വിദ്യാഭ്യാസം നേടുന്നത് അറിവ് സമ്പാദിക്കാനാണ് അല്ലാതെ അഹങ്കരിക്കാനോ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം അലങ്കാരങ്ങളില്ലാത്ത ഈ മുറി എന്റെ സാമ്രാജ്യമാണ് ഞാനിവിടുത്തെ രാജാവും രാജാവ് മനസ്സിലായി സഹോദരനോട് ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തിയതും ബോംബു സ്ഫോടനം നടത്തിയതും ഇതിനായിട്ടായിരുന്നു അല്ലേ ദരിദ്രനായ രാജാവിൽ നിന്നും സമ്പന്നനായ മഹാരാജാവായി മാറാൻ അല്ലേ ബോംബു കണ്ടോ ആ എങ്ങനെ തരൂ ഇതിലെന്തോ സംശയാസ്പദമായി ഉണ്ടെന്ന് തോന്നുന്നു സാർ ഇത് സ്ഫോടക വസ്തുവായിരിക്കും ഞാൻ ഊഹിച്ചത് ശരിയല്ലേ ഘോഷ് ചോദിച്ചു കേട്ടില്ലേ ശരിയല്ലേ പവിത്രമായ മണ്ണാണ് അത് താങ്കളല്ല ഞങ്ങൾ തീരുമാനിച്ചോളാം അന്വേഷണത്തിന് മനസ്സിലാകും ഇതിൽ മണ്ണാണോ അതോ രാസവസ്തുവാണോന്ന് സർ നവശക്തി ഓഫീസ് പരിശോധിച്ചു ഒരു സൈക്കിൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ കുഷ്ഠിയെന്ന് എഴുതിയിട്ടുണ്ട് സർ കുഷ്ടിയയിൽ വെച്ചല്ലേ സാറിന് നേരെ വെടിയുതിർത്തത് തെളിവെടുപ്പിനായി ഈ സൈക്കിളും കൂടെ കൊണ്ടുപോകണം ആ ശരിയാണ് ശരിയാണ് സാക്ഷികളെല്ലാം താഴെ ഉണ്ടോ ഉണ്ട് സർ സാർ ഒരു പെട്ടിയിൽ നിന്നും കുറെ കത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ തരും നമുക്ക് ആവശ്യ തെളിവുകൾ ഒരു പക്ഷെ ഇതിൽ കിട്ടും ഇതെന്താണ് മുഴുവൻ സ്ത്രീകൾ അയച്ചിരിക്കുന്ന കത്തുകളാണല്ലോ പിടിച്ചോ ഇതൊന്നും നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതിനിടയിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കത്തുണ്ട് സഹോദരൻ വിനോദ് ഗുപ്ത ആരാണത് അലക്ധാരി അയച്ച കത്താണത് കുറെ നാളുകളായി നിങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല തിരക്ക് കാരണം എനിക്കും കത്തെഴുതാൻ സാധിച്ചില്ല ഒരു സുപ്രധാന കാര്യം ചെയ്യണം എന്ന് ഞാൻ അരവിന്ദ്ഘോഷിനോട് പറഞ്ഞിരുന്നു അത് എന്തായി എന്ന് അന്വേഷിക്കണം യെസ് സുപ്രധാനമായ കാര്യം സുപ്രധാനമായ കാര്യം അത് നടന്നു കഴിഞ്ഞല്ലോ ഇനി ഒട്ടും വായിക്കാനില്ല കൊണ്ടുപോകുമെ ഈ ടോസ്റ്റും ചായയും കഴിക്കൂ ഇത് മൗലവി ഷംസുൽ അലം നിങ്ങളെ കാണാൻ വന്നതാണ് അസ്സാമലൈക്കും നമസ്കാരം നിങ്ങളെ കാണാൻ പോലീസ് കമ്മീഷണർ ഹെലിയൻ വരും കാണാനോ അതോ ചോദ്യം ചെയ്യലെന്നോ ചോദ്യം ചെയ്യാനായി രാവിലെ മുതൽ ഇതുവരെ നാലുപേരോളം ചോദ്യം ചെയ്തു ഹാ ശരി അക്കൂട്ടത്തിൽ ഒരാൾ കൂടി മൂന്ന് ദിവസമായി ചോറും പരിപ്പും വൈകിട്ട് അവലും ഇന്നാണ് ഒരു ചായ കിട്ടുന്നത് നിങ്ങളെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ രഹസ്യമായ കാര്യങ്ങളെക്കുറിച്ച് പോലും താങ്കൾക്ക് അറിവുണ്ടല്ലോ എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങളൊരു ഹിന്ദുവാണ് ഞാൻ മുസൽമാനും പക്ഷെ നാം ഇരുവരും ഹിന്ദുസ്ഥാനികളാണ് ഹിന്ദുമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും അടിസ്ഥാന മന്ത്രം ഒന്ന് ഹിന്ദുക്കളുടെ ഓങ്കാരത്തിന് മൂന്നക്ഷരങ്ങളാണ് ആ മ ഖുരാ തുടക്കത്തിൽ വരുന്നതും മൂന്നക്ഷരങ്ങൾ തന്നെ അ ല മ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും മന്ത്രം ഒന്നു തന്നെയാണ് മന്ത്രം ഒന്നായിരിക്കാം പക്ഷെ ധാരണകൾ ഒന്നല്ല ഹിന്ദുക്കളുടെ ഈ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടമാണ് സത്യസന്ധതയെ നിങ്ങൾ ധർമ്മമായി കാണുന്നു അധികാരികൾ പറയുന്നത് അരവിന്ദ് തീവ്രവാദ സംഘടനയുടെ നേതാവാണെന്നാണ് ഇതെത്രമാത്രം സങ്കടകരവും ലജ്ജാവഹവുമാണ് ഇല്ല ഇതിൽ താങ്കൾക്ക് ലജ്ജ തോന്നേണ്ടതായ യാതൊരു കാര്യമില്ല കാരണം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഹിന്ദുമതപ്രകാരം ജീവഹത്യാ പാപമാണ് ജീവികളുടെ കാര്യം വിടൂ മരങ്ങളിലും ചെടികളിലും പുഴകളിലും ഈശ്വരൻ വസിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കല്ലിൽ പോലും ഞങ്ങൾ ഈശ്വരനെ ദർശിക്കുന്നു നിങ്ങൾ തീവ്രമതവാദിയാണെന്ന് എനിക്കറിയാം പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണത് ഇളയ സഹോദരൻ ബരീന്ദ്രഘോഷിന് ർമ്മിക്കാനായി സ്വന്തം സ്ഥലം വിട്ടു നൽകിയത് ബുദ്ധിമോശമായി പോയി സർ ആ സ്ഥലം എന്നെ പോലെ തന്നെ എൻ്റെ അനുജൻ ബരീന്ദ്രൻറേത് കൂടിയാണ് നൽകാൻ ഞാൻ ആരാണ് ശരി ഇനി ബരീന്ദ്രന് സ്ഥലം വിട്ടു നൽകിയെന്ന് എന്നെ അത് ബോംബ് നിർമ്മിക്കാനാണെന്ന വാർത്ത താങ്കൾക്ക് എവിടെന്നാണ് ലഭിച്ചത് ഞാൻ വെറുതെ പറഞ്ഞു സർ അങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടായില്ല താങ്കൾ താങ്കളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ശ്രമിക്കുന്നു കുറച്ചുനാൾ മുമ്പ് ഒരു അപരിചിതൻ എന്നോട് പറഞ്ഞിരുന്നു കോൻ നഗറിലേക്ക് ഇനി പോകരുതെന്ന് ആരെയും കാണുകയും വരുതെന്ന് ദുഷ്ടശക്തികളുടെ ഗൂഢാലോചനയുടെ ഭാഗമായി ഞാൻ അപകടത്തിലാവുമെന്നും സൂചിപ്പിക്കുന്നുണ്ടായി ശരി ഞാൻ പോകുന്നു താങ്കൾക്ക് വീട്ടുകാരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്നോട് പറയാം ഞാനിവിടെ സന്തോഷവാനാണെന്ന് അറിയിക്കുക ഇവിടെ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ല എന്നും വിജയമെന്നും സത്യത്തിന്റേതും മാത്രമായിരിക്കും എന്നും അറിയിക്കുക ശരി കാണാംണ്ട് അരവിന്ദ് ഘോഷ് അല്ലേ ഈ കോയൻ നഗറിൽ ആൾക്കാരെങ്കിലും പരിചയമുണ്ടോ ഉണ്ട് പലരെയും അവിടെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഒരു തവണ ഒരു തവണ മാത്രം ഒരു തവണ അല്ല അവിടെ നിങ്ങൾക്കൊരു വീടില്ലേ ഇല്ല മിസ്റ്റർ അരവിന്ദ് എങ്ങനെ ചെയ്തു ഈ മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയെ കുറിച്ചാണ് നിരപരാധികരെ കൂട്ടക്കൊല ചെയ്തിട്ട് ഞാനാണ് അവരെ കൊന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തെളിവുണ്ടോ സ്ട്രോങ് എവിടെസ് കാണിക്കാം സാക്ഷികളുമുണ്ട് അവരെയും കാണിക്കാം അതെത്രത്തോളം ശരിയാണെന്ന് താങ്കൾക്കറിയുമോ ഏത് തന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന ഈ കൊലപാതക കുറ്റത്തിന്റെ കാര്യമോ പച്ചക്കള്ളമാണ് സർ കോൺസ്റ്റബിൾ സർ ഇയാളെ സെല്ലിൽ ഒറ്റയ്ക്ക് കിടത്തണം വേറെ ഓരേം കൂടെ കിടത്തണ്ടാച്ച് ചെയ്യുകയും വേണം അരവിന്ദ ഘോഷിനെ ഞാൻ ഏകാന്ത തടവിന് വിധിക്കുന്നു എന്തൊരു ചൂട് ഒരേല പോലും അനങ്ങുന്നില്ലല്ലോ ഹുഹ് ജൂൺ മാസം ആരംഭിച്ചതേ ഉള്ളൂ ഇനി മുമ്പോട്ട് പോകുമ്പോൾ എന്താകുമോ ആകുമോ ആ നമ്മളിപ്പോൾ ഒരു തുറന്ന സ്ഥലത്താണല്ലോ തടവറയെ കഴിക്കുന്ന അരവിന്ദ് സാറിനെ പോലുള്ളവരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ വെളിച്ചം പോലുമില്ല രാത്രിയാണോ പകലാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല ചൂട് സഹിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ അരവിന്ദ് സാർ വെയിൽ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് തണുത്ത തലയിൽ കിടന്നിറങ്ങും അപ്പോൾ കുറച്ചൊരാശ്വാസം കിട്ടും വിദ്യാഭ്യാസമുള്ള നല്ലൊരു മനുഷ്യനാണ് ഇന്നലെ എന്നോട് പുസ്തകവും കലാസും പേനയും മഴയൊക്കെ ഞാൻ പോയി സാറിനോട് പറഞ്ഞു ഈ ജയിൽ ശിക്ഷ നരകത്തേക്കാൾ ഒട്ടും കുറവല്ല സമയം കടന്നു വളരെ ബുദ്ധിമുട്ടാണ് ഇത്ര ചെറിയ മുറിയിൽ ഉറങ്ങുക കഴിക്കലും വിളിക്ക് എല്ലാം ഒരിടത്ത് ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇന്നലൊരു പറ്റു പറ്റി സാറിന്റെ സെല്ലിന് മുമ്പിലൂടെ പോയപ്പോ പതിപോലെ ഞാൻ ചോദിച്ചു സാർ സുഖായിരിക്കുന്നോ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു എങ്ങനെങ്കിലും ഒന്ന് ഉറങ്ങു വരുമ്പോഴേക്കും സുഖായിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് എത്തിക്കോളും എന്നും പറഞ്ഞ് കഷ്ടായി പോയി ഓ ശരിയാ സെല്ലിൽ എങ്ങനെയാ സുഖായിരിക്കുക അത് തന്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞുകൂടായിരുന്നു ലാട്ടി ഞാൻ പറഞ്ഞു എന്നാ ശരി നേരൊരുപാട് വൈകി ഞാനൊന്ന് സെല്ലു വരെ പോയി ഒന്ന് നോക്കിയിട്ട് എന്തൊരു മഴ എത്ര പെട്ടെന്ന് അത് പൊട്ടിച്ചാടിയായി അയ്യോ ശരിയാണല്ലോ ഇനിപ്പോ ഇനി എന്താ ചെയ്യ നനയാതെ ആ പൊതപ്പെടുത്ത് കയ്യിൽ വെക്കു ഇന്ന് രാത്രി ഇപ്പൊ ഏതായാലും നിന്നുകൊണ്ട് എന്നെ തടവറവിൽ ചെലവഴിക്കേണ്ടി വരുവല്ലോ എപ്പോ ആൾക്കാരാ ഈ കുടിശ് മുറിയിൽ ചോർന്നൊലിക്കുന്ന ഈ മൂലയിൽ ഇങ്ങനെ നിൽക്കാമെന്നല്ലാതെ ഞാനിനി എവിടെ മാറിപ്പോകാനാ ഏട്ടനെ അലക്കിത്തേച്ച് മുണ്ടും കുപ്പായോ സരോജിനി നിനക്ക് സുഖമല്ലേ എനിക്കിവിടെ മുണ്ടും കുപ്പായം ഇടാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് അതാണ് നിന്നെ വിളിപ്പിച്ചത് വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ മോളെ അരവിന്ദേട്ടനെയും ബരിയൻ ചേട്ടനെയും കുറിച്ചോർത്ത് എല്ലാരും സങ്കടത്തിലാണേട്ടാ ഇന്നലെ തിരിച്ചറിയൽ പരേഡിൽ വെച്ച് ഞാൻ ബരീനെ കണ്ടിരുന്നു സംസാരിച്ചോ ഇല്ല സംസാരിക്കാൻ ഇവിടെ വിലക്കുണ്ട് ബരിയൻ എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അവനോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോലും ഇവിടെ എനിക്കതിന് സാധിക്കില്ല ആ നരേന്ദ്രനാഥ് ഗോസ്വാമിയെ എന്നെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാത്തവണയും പരേഡ് സമയത്ത് അവൻ എന്നോടൊപ്പം നിലയുറപ്പിക്കും ഗോസ്വാമിയുടെ അച്ഛൻ വലിയൊരു വക്കീലാണ് നിങ്ങൾ കുറ്റം സമ്മതിക്കൂ എന്റെ അച്ഛൻ നിങ്ങളെ മോചിപ്പിക്കും എന്ന് എപ്പോഴും എന്നോട് വന്ന് പറയും ശേഷം സമ്മർദ്ദം ചെലുത്തി മൊഴിയെടുത്തുന്ന് കോടതിയിൽ അദ്ദേഹം സമർത്ഥിച്ചോളു അത്ര പക്ഷേ ആ നരേന്ദ്രനാഥ് ഗോസ്വാമിയെ എനിക്ക് സംശയമാണ് അയാളൊരു ചാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടു കൂടി നല്ലൊരു വക്കീലിനെ വെക്കാനുള്ള പണം പോലും നമ്മുടെ കയ്യിലില്ല വക്കീലിന്റെ ആവശ്യം എന്താണ് ഞങ്ങൾ നിരപരാധികളാണ് പേടിക്കണ്ട ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങനെ വിശ്വസിക്കുന്നില്ല അവർ നിങ്ങളെ ശത്രുക്കളായാണ് കാണുന്നത് തന്റെ ശത്രുക്കൾ തൂക്കുകയറിൽ കിടന്നാടുന്നത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് സരോജിനി അവർ അവരെ തന്നെ ജെന്റിൽമെൻ എന്നാണ് പറയുന്നത് അന്യന്റെ ഭൂമി കൌശലപൂർവം തട്ടിയെടുത്ത ശേഷം രാജാവായി വാഴുന്ന അവരെങ്ങനെയാണ് ജെന്റിൽമെൻ ആകുന്നത് ഈ മണ്ണിലെ ഈ രാജ്യത്തെ ജനങ്ങൾ അവരോടെന്തെങ്കിലും സംസാരിച്ചാൽ ആവശ്യപ്പെട്ടാൽ അവർ അവരെ രാജ്യദ്രോഹികളെന്നും മുദ്രകുത്തുന്നു പതുക്കെ പറയോ ആ കാവൽക്കാരൻ കേൾക്കണ്ട അതിന് ഞാനെന്തെങ്കിലും തെറ്റായി പറഞ്ഞോ ഈ രാജ്യത്തെ ജനങ്ങൾ എന്റെ വാക്കുകൾ ശ്രവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് അവരുടെ ആത്മാവിൽ ചലനങ്ങൾ സൃഷ്ടിക്കണം അതിലൂടെ അവർ ബ്രിട്ടീഷുകാരുടെ സേവകവൃത്തി അവസാനിപ്പിക്കണം ഏട്ടപ്പതുക്കെ ഈ ഏകാന്ത തടവറയിൽ ഏട്ടന് എങ്ങനെയാ സമയം തള്ളിനീക്കുന്നേ വളരെ സുഖകരമായി തന്നെ ഉറുമ്പുകളോട് സംസാരിക്കും കറുത്ത ചുവന്ന ഉറുമ്പുകളും തമ്മിലുള്ള തർക്കം പരിഹരിക്കും വായിക്കാൻ പുസ്തകങ്ങളും എഴുതാൻ കടലാസും പേനയും മഷ്യുമൊക്കെ ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോ രാവിലെയും വൈകീട്ടും ധ്യാനിക്കാനും തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ലത് ഈ ഒരു അന്തരീക്ഷത്തിൽ അതിന് സാധിക്കുന്നുണ്ടായിട്ടനെ ആദ്യമൊക്കെ മനസ്സ് ചഞ്ചലമായിരുന്നു നിയന്ത്രണാതീതവും പക്ഷെ ഇപ്പോ കൈപ്പിടിയിലാണ് ധ്യാനം ആനന്ദം പകരുന്നുണ്ട് ബറോഡയിൽ താമസിച്ചിരുന്ന സമയത്താണ് ഞാൻ ധ്യാനം ശീലിക്കാൻ ആരംഭിക്കുന്നത് സരോജിനി ഏകാന്തത സഹിക്കാനുള്ള കഴിവ് ഈശ്വരനും മൃഗത്തിനും മാത്രമാണ് യോഗാഭ്യാസം തപസ്സുകളെക്കൊണ്ടുപോലും അനായാസം സാധിക്കുന്ന ഒന്നല്ല പൂർണ്ണമായ വിശ്വാസവും ആത്മസമർപ്പണവും മാത്രമാണ് അതിലേക്കുള്ള വഴി ഈ ഏകാന്ത കാരാഗ്രഹവാസം മനുഷ്യനോട് തോന്നുന്ന ക്രൂരത പീഡനങ്ങൾ ഇവയെല്ലാം തന്നെ ഈശ്വര നിയോഗമാണ് സരോജിനിശ്വര ആ തിരിച്ചറിവിൽ നിന്ന് മാത്രമാണ് എനിക്ക് ശക്തി ലഭിച്ചത് തടവറയിലെ എന്റെ എല്ലാ വേദനകളും അങ്ങനെ ഇല്ലാതായി സമയം ഇപ്പോൾ പുസ്തകങ്ങളുടെ സഹായം പോലും ആവശ്യമില്ലാതായി സാർ ഇത്ര സൂക്ഷ്മമായി എന്തിനാണ് നിരീക്ഷിക്കണത് ആ പച്ച നിൽക്കുന്ന വൃക്ഷത്തെയും അതിലിരുന്ന് ചിലയ്ക്കുന്ന പക്ഷികളെയും നിരീക്ഷിക്കുകയായിരുന്നു അവരുടെ മധുര സംഭാഷണം മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രപഞ്ചത്തിൽ എല്ലാത്തിലും തന്നെ ഈശ്വരനുണ്ട് ജയിലിൻ്റെ ഈ മതിലുകളും ഇരുമ്പഴികളും ഈ മരങ്ങളും ഒന്നും തന്നെ നിർജ്ജീവമല്ല അവയെല്ലാം ചൈതന്യം നിറഞ്ഞതും ജീവനുള്ളവയുമാണ് അവയെല്ലാം എന്നെ സ്നേഹിക്കുന്നതായും എന്നെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായും എനിക്ക് തോന്നുന്നു ഈശ്വരൻ ആ കൂറ്റൻ മരത്തിൻ്റെ തണലിലിരുന്ന് ആനന്ദത്തിൻ്റെ ഓടക്കുഴൽ വായിക്കുന്നതായിപ്പോലും എനിക്ക് തോന്നാറുണ്ട് സാർ ഇതെല്ലാം എത്രയും വേഗം അറിയാമോ ഏകാന്ത തടവറിൽ കഴിയുന്ന പലടി മാനസികാവസ്ഥ ഇതുപോലെ തെറ്റെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് സാറിന് സാറിന് ഭാഗ്യമുണ്ട് ഇപ്പോ രാവിലെയും വൈകിട്ടും പുറത്തിറങ്ങി നടക്കാനുള്ള ഇളവ് കിട്ടിയില്ലേ ശുദ്ധമായി ശ്വസിക്കുമ്പോ എല്ലാം എളുപ്പത്തിൽ സുഖപ്പെടും ആ കേട്ടോ സാറേ ഡെയിലിയാണ് താങ്കൾക്ക് ഇളവ് നൽകണമെന്ന് ശുപാർശ ചെയ്തത് ഇവിടെ എല്ലാവരും നല്ലവരാണുണ്ടോ നിങ്ങളും വളരെ നല്ലവരാണ് ജയിലിലെ എല്ലാ തടവുകാരും സർക്കാർ വക്കീലും സാക്ഷികളും പിന്നെ മജിസ്ട്രേറ്റും എല്ലാവരും എല്ലാവരും നല്ലവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് താങ്കൾക്ക് നല്ല മനസ്സായത് കൊണ്ട് തോന്നുന്ന സത്യം സത്യം ഒന്ന് ചോദിക്കട്ടെ താങ്കൾ ഇപ്പോൾ പുസ്തകങ്ങൾ ഒന്നും ആവശ്യപ്പെടുകയോ വായിക്കുകയോ ചെയ്യാറില്ലല്ലോ അതെന്താ സമയം കടന്നു പോകാനാണ് ആദ്യമെല്ലാം പുസ്തകങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഇപ്പോൾ അധിക സമയവും ധ്യാനത്തിലാണ് സത്യം പറഞ്ഞാൽ അതിനുള്ള സമയം തികയാറില്ല എന്ന് പറയുന്നതാവും ശരി അതുകൊണ്ട് തന്നെ സമയം ചെലവഴിക്കാൻ ഇപ്പോൾ മറ്റൊന്നിന്റെയും തന്നെ സഹായം ആവശ്യമില്ല ഗുഡ് മോർണിംഗ് മിസ്റ്റർ അരവിന്ദ് മോർണിംഗ് ഡോക്ടർ ഡെയ്ലി അടഞ്ഞ തടവറയ്ക്കുള്ളിൽ നിന്നും പുറത്തു കടന്നപ്പോൾ എന്ത് തോന്നുന്നു ഡോക്ടർ ഡെയ്ലി ഏത് തരത്തിലുമുള്ള ബന്ധനം അത് പക്ഷി മൃഗാദികൾ പോലും ഇഷ്ടപ്പെടുന്നില്ല എല്ലാം തന്നെ സ്വതന്ത്രമായി വിഹരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷികൾ ആകാശത്തിലൂടെ സ്വതന്ത്രമായി പറക്കാൻ ആഗ്രഹിക്കുന്നു ഞാനും ഒരു മനുഷ്യജീവി അല്ലേ അതുകൊണ്ടാണ് താങ്കൾക്ക് ചെറിയൊരു ഇളവ് നൽകണം എന്ന് ഞാൻ ശുപാർശ ചെയ്തത് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല ഭൂത്നാഥ് സാർ നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നിങ്ങൾ സിവിൽ സർവീസ് പാസ്സായതാണല്ലേ താങ്കളുടെ ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ മുതലായ ഭാഷകളും അറിയാമല്ലേ ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ എഴുതിയ രചനകൾക്ക് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടല്ലേ സത്യമാണ് ജാതകം എഴുതി നൽകിയാൽ പണം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് ചികിത്സയോടൊപ്പം ഒരു സൈഡ് ബിസിനസ് എന്ന നിലക്ക് ജാതകം എഴുത്തുകൂടി ആരംഭിച്ചാലോ എന്ന ആലോചനയിലാണ് ആ വിരോധമില്ലെങ്കിൽ കുറിച്ച് കൂടുതൽ പറയൂ അറിഞ്ഞിട്ട് എന്തിനാണ് ഡോക്ടർ ഡെയിലി ജാതകം എഴുതുമ്പോൾ ആവശ്യം മിസ്റ്റർ ബോംബ് സ്ഫോടന കേസിൽ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട് അലിപ്പൂർ ജയിലിൽ കഴിയുന്ന ഒരു തടവുകാരൻ ഇത്രയും തന്നെ ധാരാളമല്ലേ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ആരോപണം മാത്രമല്ലേ അത് തടവുകാരനായ താങ്കളെ കുറിച്ചല്ല വിദ്യാസമ്പന്നനായ അരവിന്ദ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് കൽക്കത്തയിലാണ് ഞാൻ ജനിച്ചത് അച്ഛൻ കൃഷ്ണൻ കൽക്കത്തയിലെ അറിയപ്പെടുന്ന സിവിൽ സർജനായിരുന്നു അമ്മ സ്വർണലതാ ദേവി അവരുടെ മൂന്നാമത്തെ കുട്ടിയായിരുന്നു ഞാൻ അച്ഛൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ വിദേശത്തായിരുന്നതിനാൽ വീട്ടിൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഭാരതീയ സംസ്കാരത്തിൽ നിന്നും അകറ്റി പാശ്ചാത്യ സംസ്കാരത്തിൽ വളർത്താൻ ആഗ്രഹിച്ചു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഡാർജിലിംഗിലെ ഒരു കോൺവെൻറ് സ്കൂളിലായിരുന്നു ഏഴാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസത്തിനായി എന്നെ ഇംഗ്ലണ്ടിലേക്ക് ഓഹോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി വരെ ഞാൻ ലണ്ടനിലെ സെന്റ് ബോൾ സ്കൂളിലും പിന്നീട് കേംബ്രിഡ്ജിലെ കിങ്സ് കോളേജിലും ചേർന്ന് പഠിച്ചു പഠനം പൂർത്തിയാക്കി പതിനാല് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ആയിരത്തി മുതൽ ആയിരത്തി വരെ ബറോഡ സംസ്ഥാനത്തെ ഗായക്വാഡ് ഭരണത്തിൻ കീഴിൽ പല പദവികളും നിർവ്വഹിച്ചു ബംഗാൾ വിഭജനത്തിന് ശേഷം ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി എപ്പോ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ദി ബംഗാളി എന്ന പത്രത്തിന്റെ പകർപ്പുകളും ശകലങ്ങളും അച്ഛൻ അയച്ചു തരുമായിരുന്നു അതിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ശക്തമായി വിമർശിച്ചിരുന്നു അങ്ങനെയാണ് എന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം മനസ്സിൽ ഉദിക്കുന്നത് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ കേംബ്രിഡ്ജിലെ ഇന്ത്യൻ മജ്ലിസ് എന്ന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കാനാരംഭിച്ചു ചാരവൃത്തിക്ക് ഇത്രയൊക്കെ പോലെ മിസ്റ്റർ അരവിന്ദ് നിങ്ങൾ കേസ് വാദിക്കാൻ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കൂ നല്ലൊരു വക്കീലിനെ വെക്കണമെങ്കിൽ നല്ല ഫീസും നൽകേണ്ടി വരും എങ്ങനെ നൽകാൻ എന്റെ ഇളയ സഹോദരൻ ബിരീന്ദ്രനും ജയിലിലാണ് വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമാണ് കമ്മീഷണർ ഹെല സാർ ഇങ്ങോട്ട് വരുന്നുണ്ട് വളരെ ദേഷ്യത്തിലാണ് എന്താ എന്തു പറ്റി അറിയില്ല എന്തൊരശ്രയാണിത് ഏ ഒരു കൊടും ക്രിമിനലിനെ കോർട്ടിലെത്തിക്കാൻ വെറും രണ്ട് പോലീസുകാരോ സർ നോക്കേ സർ അവരെ എല്ലാവരെയും വണ്ടി കേറ്റുമ്പോൾ ചുറ്റിനും മാംഡ് ഫോഴ്സ് ഉണ്ടാവണം ഓക്കെ സർ ഒരു വണ്ടി ഫോളോ ചെയ്യേം വേണം യെസ് സർ ഒരു ബറ്റാലിയൻ അതുപോലെ കോർട്ടിലും ഉണ്ടാവണം ഓക്കെ സർ ദിസ്ഇസ് മൈ ഓർഡർ അണ്ടർസ്റ്റാൻഡ് യെസ് സർ ആ പിന്നെ സർ മജിസ്ട്രേറ്റ് ബരലി സാർ വരാറായി പോയിട്ട് പുള്ളികളെ കൂട്ടിക്കൊണ്ടുവരൂ സർ ഒന്ന് നിന്നേ ഓഹ് അവന്റെ ഒക്കെ ചെരിപ്പുകളെ പുറത്തുതന്നെ അഴിച്ചു വയ്ക്കാൻ പറയണം സർ ക്രിമിനൽ മൈൻഡാ ഓക്കെ സർ ചെരിപ്പ് ചെയ്യാൻ പറ്റുന്നതും ചെയ്തുകളെയും ഏ സർ പബ്ലിക് പ്രോസിക്യൂട്ടർ നോർട്ടനും മിസ്റ്റർ ധുവൻ ചാറ്റർജിയും ഹാജരുണ്ടോ സാക്ഷികളും ഹാജരായിട്ടുണ്ടോ പോലീസുകാർ തടവുകാരെ ഹാജരാക്കിയിട്ടുണ്ടോ അരവിന്ദ് ഘോഷ് ബതീന്ദ്ര ഘോഷ് ഹേമചന്ദ്രദാസ് ഉല്ലാസ്കർ കനയിലാൽ ദത്ത് സത്യൻ ബോസ് നരേന്ദ്രനാഥ് ഗോസ്വാമി എന്നിവരോടൊപ്പം മറ്റുള്ളവരെയും പ്രതിക്കൂട്ടിൽ കയറ്റി ശേഷം ഹെലിഡേ സർ പുറത്തേക്ക് പോയത് പെട്ടെന്ന് എന്തെങ്കിലും ഓർത്ത് കാണും പബ്ലിക് പ്രോസിക്യൂട്ടർ മിസ്റ്റർ നോട്ടൺ കോടതി നടപടികൾ ആരംഭിക്കുക സാർ കോടതി മുൻപാകെ ഹാജരാക്കിയിട്ടുള്ള പ്രതികൾക്കെതിരെ അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഇത്തരക്കാർ സർക്കാരിനും സമൂഹത്തിനും ഒരുപോലെ ആപത്താണ് ഇവർ ഭരണവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നു അരവിന്ദ്ഘോഷും സഹോദരൻ ബരീന്ദ്രഘോഷും ബോംബ് നിർമ്മിക്കുകയും അതുപയോഗിച്ച് സ്ഫോടനം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് അതിൽ ധാരാളം നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്തു അതിനാൽ തന്നെ ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റവും കൊലപാതക കുറ്റവും ചുമത്തപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല മിസ്റ്റർ ചാറ്റർജി ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ സമാധാനപരമായും തടസ്സമില്ലാതെയുമാണ് നടന്നത് പക്ഷേ താങ്കൾ ഇങ്ങനെ ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ നടപടിക്രമങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും സാർ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ മിസ്റ്റർ നോട്ടൺ താനൊഴികെ ബാക്കി എല്ലാവരെയും തൂക്കിക്കൊല്ലണം എന്നാണ് ആഗ്രഹിക്കുന്നത് മിസ്റ്റർ ചാറ്റർജി ഞാൻ എന്താഗ്രഹിക്കുന്നു എന്നത് ഇവിടെ പ്രസക്തമല്ല ഇവർക്കെതിരെയുള്ള ആരോപണം ശരിയാണെന്ന് ഞാൻ തെളിയിക്കാം അരവിന്ദ്ഘോഷിനും ബരീന്ദ്രഘോഷിനുമെതിരായ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ ചില സാക്ഷികളെ ഹാജരാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ആദ്യ സാക്ഷി ഈ നിൽക്കുന്ന മൌലാന ഷംസുൽ ആലമാണ് മൌലാന ഷംസുൽ ആലം താങ്കൾക്ക് ഈ നിൽക്കുന്ന അരവിന്ദ് ഘോഷിനെയും അറിയാമോ അറിയാം സാർ എങ്ങനെ അറിയാം രണ്ടുപേരും കോന്നഗറിൽ തോട്ടത്തിൽ ഒന്ന് രണ്ട് തവണ വന്നുപോവുന്നത് കണ്ടിട്ടുണ്ട് ഒരു തവണയോ അതോ രണ്ട് തവണയോ അരവിന്ദ് സാറിനെ ഒരു തവണ കണ്ടിട്ടുണ്ട് അതേസമയം ബരീന്ദ്ര സാർ ഒന്നിലധികം തവണ പലരുമായി വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് പോകാം സർ കോൻ നഗറിലെ ഇതേ തോട്ടത്തിൽ വെച്ചാണ് ഇവർ ബോംബ് നിർമ്മിച്ചിരുന്നത് എന്റെ രണ്ടാം സാക്ഷി ജതിൻ ആണ് ജതിൻ ഈ നിൽക്കുന്നവരിൽ ആരെയെങ്കിലും താങ്കൾ അറിയുമോ ഇല്ല ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും അറിയുമോ ഇല്ല പിന്നെന്തിനാണ് താങ്കൾ ഇവിടെ വന്നത് ഞാൻ വന്നതല്ല പോലീസിനെ പിടിച്ചുകൊണ്ടുവന്നതാ എന്തിനാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് പോകാം സമയം പാഴാക്കരുത് സാർ എന്റെ അടുത്ത സാക്ഷി ദേവദാസ് ആണ് ദേവദാസ് സാക്ഷി എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത് എല്ലാം തന്നെ സാർ മേദിനിപൂർ സമ്മേളനത്തിൽ വെച്ച് സുരേന്ദ്ര സർ തന്റെ വിദ്യാർത്ഥികളോട് ഗുരുഭക്തിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അരവിന്ദ് സർ ചോദിച്ചു ദ്രോണർ എന്താണ് ചെയ്തതെന്ന് ദ്രോണർ എന്താണ് ചെയ്തത് അോണർ പല മഹാ അത്ഭുതങ്ങളും കാണിച്ചിരുന്നു പ്രതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് മഹാത്ഭുതം പറയൂ ദ്രോണർ എന്ത് അത്ഭുതമാണ് കാണിച്ചത് ബോംബ് സ്ഫോടനവുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ മിസ്റ്റർ നോട്ടൻ ദ്രോണ എന്നത് ഒരു ബോംബിന്റെയും പേരല്ല ദ്രോണ എന്നത് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് ദേവദാസ് നിങ്ങൾക്ക് കോടതിയിൽ മഹാഭാരത പാരായണം നടത്തിയിട്ട് എന്ത് കാര്യം സർ എന്റെ അടുത്ത സാക്ഷി നരേന്ദ്രനാഥ് ഗോസ്വാമിയാണ് നരേന്ദ്രനാഥ് ഗോസ്വാമി കോടതി മുൻപാകെ എന്താണ് താങ്കൾക്ക് ബോധിപ്പിക്കാനുള്ളത് സാർ സുരേന്ദ്രനാഥ് ബാനർജി ഞങ്ങളുടെ നേതാവാണ് ഒരു തവണ ഞാൻ അദ്ദേഹത്തെ ബോംബ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കള്ളം പറയുകയാണ് അല്ല ഞാൻ പറയുന്നത് സത്യമാണ് മിസ്റ്റർ ചാറ്റർജി കള്ളമേത് സത്യമേതെന്നത് പിന്നീട് തീരുമാനിക്കാം കോടതി വ്യവഹാരങ്ങൾക്കിടയിൽ മുഴുവൻ തടവുകാരും ഗീതയും രാമായണവും വായിച്ചു അവർ തങ്ങളുടെ പ്രവർത്തികളിൽ ഖേദിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ മരണത്തെ ഭയപ്പെടുന്നുമില്ല ഇനി കൂടുതൽ വാദം കേൾക്കുന്ന ദിവസങ്ങളിൽ ഒരു തടവുകാരന്റെ കയ്യിലും ഒരു പുസ്തകം പോലും ഉണ്ടാകാൻ പാടുള്ളതല്ല അച്ചടക്കം അച്ചടക്കമാണ് ഈ നരേൻ ഗോസ്വാമി ഒരു വഞ്ചകനാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ സാക്ഷിയായി മാറിയിരിക്കുന്നു സത്യ അവന്റെ സാക്ഷിമൊഴി ഭരീന്ദ്രനെയും അരവിന്ദനെയും ഒരേപോലെ ഗോസ്വാമിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂല്ല പരേഡ് സമയത്ത് പലപ്പോഴായി കുറ്റ അയാൾ അരവിന്ദനെ നിർബന്ധിച്ചിരുന്നു ഗോസ്വാമിയുടെ അച്ഛൻ വലിയ വക്കീലാണെന്നും കുറ്റ അച്ഛൻ അരവിന്ദനെ രക്ഷിച്ചോളും എന്നെല്ലാം അവൻ പറഞ്ഞിരുന്നു ഹേമദാസ് ബരീന്ദ്ര തുടക്കം മുതൽ തന്നെ അയാളൊരു ഇരട്ട വ്യക്തിത്വമുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിരുന്നു അയാളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്യണം അല്ലാത്തപക്ഷം അയാൾ നിരപരാധികളെയും തൂക്കിലേറ്റും അതിന് നമ്മൾ എന്ത് ചെയ്യാൻ അനുസൃത്യ അറിയില്ല ഹേമദാസ് ഇപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഹോസ്പിറ്റൽ വരെ പോവുകയാസ്മഹ വളരെ കൂടുതലാണ് ഞാനും കൂടെ വരാൻ സത്യ കുറച്ച് ദിവസമായി വേറെ നല്ല സുഖമില്ല വേദന കാരണം രാത്രി ഉറങ്ങാനും സാധിക്കുന്നില്ല ഒരുമിച്ച് പോയി വരാം നിങ്ങൾ എല്ലാവരും ഗോസ്വാമിയോട് പഴയതുപോലെ തന്നെ പെരുമാറണം നമ്മൾക്ക് തന്നെ അവനോട് ദേഷ്യമുണ്ടെന്ന സൂചന പോലും അവന് കിട്ടാൻ പാടില്ല ശരി ശരി ആ എല്ലാവർക്കും ഇവിടെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ എന്ത് വഴി പരി ജയിൽ ചാടണം ബലീന്ദ്ര നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അലിപ്പൂർ ജയിലിൽ നിന്നും പുറത്തു ചാടുക എന്നത് അത്ര നിസാരമല്ല മുക്കിലും മൂലയിലും കാവൽക്കാരുണ്ട് ആ അതിനുവേണ്ടതെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട് നിർദ്ദേശം കൊടുത്താലുടൻ നമ്മുടെ ആളുകൾ കോണിയും കയറുമായി പുറത്തു കടന്നാൽ നദി കടക്കാനുള്ള ബോട്ടും റെഡിയാണ് നദി കടന്ന് സുന്ദർവനത്തിലെത്തിയാൽ പിന്നെ അവിടെ നിന്ന് നമ്മളെ കണ്ടുപിടിക്കുക എന്നത് പോലീസിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല സമയം പോയതറിഞ്ഞില്ല താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയധികം സമയം കണ്ണുകളടച്ച് ധ്യാനിക്കാൻ സാധിക്കുന്നത് എന്നെ കൊണ്ട് ഒരു നിമിഷം പോലും ഇങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല ധ്യാനനിമഗ്നായ ഒരുവന്റെ മനസ്സിന്റെ സന്തോഷം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ആ ലോകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തേക്ക് മടങ്ങി വരാൻ പോലും തോന്നില്ല ആ പരമമായ ആനന്ദത്തിൽ മുഴുകിയിരിക്കാൻ മനസ്സ് സദാ ആഗ്രഹിക്കും ആനന്ദമോ പരമമായ ആനന്ദത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല രണ്ടു നിമിഷം കണ്ണടച്ചിരുന്നാൽ മതി ഞാൻ ഉറങ്ങി താഴെ വീഴും എന്ന് മാത്രം എനിക്കറിയാം ഇല്ല ആ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ഒരുവന് ഒരിക്കലും ഉറങ്ങാൻ സാധിക്കില്ല തെറ്റായതൊന്നും തന്നെ ചെയ്യാനും സാധിക്കില്ല ആ സാത്വികഭാവമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രതീക്ഷയും സാഹോദര്യം ആത്മജ്ഞാനം ഈശ്വരസ്നേഹം എന്നിവ എപ്രകാരമാണോ ഓരോ ഭാരതീയന്റെയും മനസ്സിലും പ്രവർത്തിയിലും പ്രകടമാകുന്നത് അത്ര സഹജമായ ഭാവത്തിൽ മറ്റൊരു രാജ്യത്തും അത് കാണാൻ സാധിക്കില്ല താങ്കളി പറയുന്ന നിഗൂഢമായ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ബുദ്ധി കയറുന്നതല്ല ഞങ്ങളിപ്പോഴും ഗോസ്വാമിയുടെ വഞ്ചനയെക്കുറിച്ച് ഓർത്ത് ആശങ്കാകുലരാണ് അയാൾ സ്വയം മെനഞ്ഞെടുത്ത കഥകൾ കൊണ്ട് അയാൾക്ക് നമ്മളെ പ്രശ്നത്തിലാക്കാൻ സാധിക്കും അതിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്ത് പദ്ധതി ജയിൽ ചാടുന്നു അത് സാധ്യമാണോ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു അങ്ങനെ ചെയ്താൽ നിങ്ങൾ മറ്റൊരു കുറ്റകൃത്യത്തിൽ കൂടി പ്രതിയാക്കപ്പെടും പിടിക്കപ്പെട്ടാൽ ശിക്ഷയും ഇരട്ടിയാകും ഒരു തവണ തൂക്കിലേറ്റാൻ വിധിച്ചാലും രണ്ടാം തവണയും തൂക്കിലേറ്റാൻ വിധിച്ചാലും അതിൽ എന്ത് വ്യത്യാസമാണ് ശ്രീരാമകൃഷ്ണ പരമാവസർ ഒരിക്കൽ പറഞ്ഞതെന്താണെന്നോ ഇപ്പോൾ നിങ്ങളെ കാണുന്നതൊന്നുമല്ല ചെറിയ കുട്ടികൾ പോലും മൂന്നു ദിവസത്തെ ധ്യാനത്താൽ സിദ്ധി നേടുന്ന ഒരു പ്രഭാവം രാജ്യത്തുണ്ടാകുമെന്ന് ജയിലിൽ നിന്ന് പുറത്തു കടന്നു കിട്ടിയാൽ ഇനിയും രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും ജയിലിൽ കിടക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യൂ ഈ പദ്ധതിയോട് എനിക്ക് യോജിപ്പില്ല ഞാനെന്തായാലും കോടതിയിൽ ഹാജരാകും അല്ല ഈ പദ്ധതി ആരാണ് തയ്യാറാക്കിയത് നിയോ ബരീന്ദ്ര നാട്ടിൽ നിന്റെ സഹോദരി എന്റെ സഹോദരന്മാർ നിരപരാധികളാണെന്നും അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ പൊള്ളയാണെന്നും വലിയ അഭിഭാഷകനെ വെക്കാൻ കയ്യിൽ പണമില്ലെന്നും യോഗ്യനായ ഒരു അഭിഭാഷകൻ വാദിച്ചാൽ അവരെ രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് വീടുകൾ തോറും കയറി ഇറങ്ങി യാചിക്കുകയാണ് എന്റെ രചനകളെക്കുറിച്ചും രാജ്യത്തോടുള്ള എന്റെ അചഞ്ചലമായ ഭക്തിയെക്കുറിച്ചും ആളുകൾക്ക് ബോധ്യമുള്ളതാണ് അവൾ രാജ്യത്തെ എല്ലാ സഹോദരീ സഹോദരന്മാരോടുമായി സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നു നീ അവളുടെ പവിത്രമായ പ്രയത്നത്തെ കളങ്കപ്പെടുത്തുകയാണോ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രയത്നിക്കൂ ഇന്ത്യ നമ്മുടെ മാതാവാണ് എന്നാൽ സരോജിനി സഹോദരിയും അത് മറക്കരുത് ചേട്ടൻ ഏത് പുസ്തകമാണ് വായിക്കുന്നത് വിവേകാനന്ദ പുസ്തകാവലി വായിച്ചു കഴിയുമ്പോ തരണേ എനിക്കൂടി വായിക്കണം തീർച്ചയായും വായിക്കണം ചേട്ടന്റെ പക്കൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലേ ആഹാ ഗീത ഉപനിഷത്ത് പുരാണങ്ങൾ രാമകൃഷ്ണ കഥാമൃതം ബെങ്കിങ് ഗ്രന്ഥാവലി യൂറോപ്യ ദർശൻ ബ്രഹ്മസംഗീത് സ്വദേശി ഖാൻ ചരിത്രം സാഹിത്യം താങ്കളുടെ പരിശ്രമം കൊണ്ട് ഏതായാലും ജയിലിൽ ഒരു ചെറിയ ലൈബ്രറി തന്നെ രൂപപ്പെട്ടു സമയം നഷ്ടപ്പെടുത്താതെ ആ പുസ്തകങ്ങളെല്ലാം വായിക്കൂ തുടക്കം മുതലേ എനിക്ക് തോന്നിയിരുന്നു ആ ഗോസ്വാമി രണ്ട് സ്വഭാവക്കാരനാണെന്ന് എനിക്ക് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് പറയൂ രണ്ട് രണ്ട് റിവോൾവർ എത്തിയിട്ടുണ്ട് റിവോൾവർ എങ്ങനെ ജയിലിലെത്തി രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് ചക്കയും മീനും കൊണ്ടുവന്നിരുന്നു അതിനകത്ത് വെച്ച് കർത്തി എല്ലാവരും ഇത് എന്ത് ഭാവിച്ചാണ് ഇതെല്ലാം കേസിനെ കൂടുതൽ സങ്കീർണമാക്കും ബരീന്ദ്രനും അറിഞ്ഞുകൊണ്ടാണോ ഇതെല്ലാം ഇല്ല ബരീന്ദ്രൻ ഒന്നും അറിഞ്ഞിട്ടില്ല ചേട്ടനത് മറ്റാരോടും പറയരുതേ വരുന്നുണ്ട് ബരീന്ദ്ര വക്കീലിന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ ഇല്ല കേസ് ഏത് കോടതിയിലാണ് ജഡ്ജാരാണ് ഏതോ ബീച്ച് ക്രാഫ്റ്റ് ആണ് ചാൾസ് പോട്ടൻ ബീച്ച് ക്രാഫ്റ്റ്സ് അദ്ദേഹം ആണോ യെസ് അത് ആ അറിയാം കേംബ്രിഡ്ജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു സിവിൽ സർവീസ് എഴുതാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോയത് ഞാൻ ഇന്ത്യയിൽ മടങ്ങിയെത്തുന്നതിന് മൂന്ന് മാസം മുൻപ് അദ്ദേഹം ഇന്ത്യയിൽ നിയമിതനായി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പരസ്പരം കണ്ടിരുന്നു ഇനി കോടതിയിൽ ഞങ്ങൾ ഇരുവരും മുഖാമുഖം വരികയാണ് ഒരാൾ കോടതിയിൽ ജഡ്ജിയുടെ കസേരയിലും മറ്റൊരാൾ പ്രതിക്കൂട്ടിൽ പടവുകാരനായും അത്രയൊന്നും ചിന്തിക്കണ്ട ട്ടാ എന്തു തന്നെയായാലും നമുക്ക് നേരിടാം ഒരുപാട് നാളായില്ലേ ഒന്ന് പാടിയിട്ട് നമുക്കൊന്ന് പാടിയാലോ വരൂ കുറച്ചുനേരം നമുക്കിനി പാട്ടുമായി കൂടാം ഏട്ടനും വരൂ നടക്കൂ പിന്നിൽ ആരാണ് ഒരിക്കലും അറിയില്ലല്ലേ കൊള്ളാവല്ലോ ഞാൻ വീണ്ടും ചോദിക്കുന്നു ആരാണത് ചെയ്തത് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ എല്ലാവരും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ആരാണ് ഗോസ്വാമിയെ കൊന്നത് ആരാണ് ഗോസ്വാമിയെ കൊന്നത് സർ ഞാൻ സത്യം അല്ല ഞാനും പറ പറ എങ്ങനെയാണ് കൊല ചെയ്തത് ഒന്ന് കാണണമെന്നും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം അംഗരക്ഷകനെയും കൂട്ടിയാണ് അവിടേക്ക് വന്നത് സംസാരിക്കുന്നതിനിടെ ഞാൻ പെട്ടെന്ന് തോക്ക് ചൂണ്ടിയതും അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങി ഓടി അപ്പോഴേക്കും കനയിലെത്തി ഞങ്ങളിരുവരും അദ്ദേഹത്തിന് പിന്നാലെ ഓടി അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങി കോറി ഡോറിലെത്തിയതും ഞങ്ങൾ വെടിയുതിർത്തു ഞാനൊരാസ്മാ രോഗിയാണ് ഇത്രയും ശക്തി എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നറിയില്ല ഞങ്ങളിരുവരും നിർത്താതെ വെടിയുതിർത്തു പെട്ടെന്നൊരു ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ നട്ടെല്ലു തുളച്ചു അദ്ദേഹം പിഴഞ്ഞു വീണു ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ മരണം മരണത്തെക്കാളും വലിയ ശിക്ഷ മറ്റെന്താണ് അതെ വധശിക്ഷയായിരിക്കും അറിയാം കുറ്റവിമുക്തനാക്കണമെന്ന് ഞാൻ അപ്പീൽ കൊടുക്കില്ല അതെന്താണ് നിങ്ങൾക്ക് തൂക്കുകർ ഭയല്ലേ കേകൻ സാർ വധശിക്ഷയിലൂടെ എന്റെ ശരീരത്തെ മാത്രമേ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താനാവൂ എന്റെ ആത്മാവ് അത് ശാശ്വതവും മരണമില്ലാത്തതും അനശ്വരവുമാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരാളെ കൊന്നതുകൊണ്ട് നിങ്ങളിപ്പോ എന്ത് നേടി ആത്മസംതൃപ്തി ഒരു രോഗിയായ എനിക്ക് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം അതിനു എന്റെ രാജ്യത്തിനും കൂട്ടാളികൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എന്റെ മനസ്സെന്നോട് എപ്പോഴും മന്ത്രിക്കും ഇന്ന് ഞാനത് ചെയ്തു ഇനി എനിക്ക് സമാധാനത്തോടെ മരിക്കാം ഇനി എന്റെ ചോദ്യം കനേലാലിനോടാണ് സത്യം പറ ആരാണ് റിവോളോർ ചെയ്യലിൽ എത്തിച്ചത് ഞാനല്ല പിന്നെ അത് എവിടെയൊന്ന് കിട്ടി ഖുദീറാം ബോസ് ആണ് നൽകിയത് ഒരു ദിവസം എന്നെ കാണാൻ വന്നിരുന്നു ആരോന്നു ഗുദിറാമോ അയാളെന്നെ മരിച്ചു പോയത് ഒരിക്കൽ സത്തവൻ നിങ്ങളെ വന്നു കണ്ടു എന്നിട്ട് റിവോൾവർ തന്നു അല്ലേ നിങ്ങളിത് എന്താണ് ഈ പറയുന്നത് വിഡിത്തം പറയാതെ സർ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കണ്ണിൽ ഗുദീറാം മരിച്ചിരിക്കാൻ പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല അവനിപ്പോഴും ജീവിച്ചിരിക്കും ഇനി ജീവിക്കുകയും ചെയ്യും അതെന്തോട്ടെ ഗുതിറാം നിങ്ങൾക്ക് എന്തിനാണ് റിവോൾവർ തന്നത് വഞ്ചകനായ നരേന്ദ്രനാഥ് ഗോസ്വാമിയെ കൊല്ലാൻ അല്ലാത്തപക്ഷം നിരപരാധികൾ ഇവിടെ കൊല്ലപ്പെടും എന്തിനാണ് ഗോസ്വാമിയെ തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടത് കാരണം അയാൾ ഒരു രാജ്യദ്രോഹിയാണ് അപ്പോ ഗുതിറാം ആരെ കൊല്ലാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്യോ ചെയ്യും സാർ ഇല്ലെങ്കിൽ അങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ ആ ആത്മാവിനോട് ഞാൻ എന്ത് മറുപടി നൽകും ഓരോരുത്തരെയും ഓരോ താതറയിലാക്കണം എല്ലാത്തിനും ഭ്രാന്താണ് ചെറു കീടങ്ങൾ ഇവരെല്ലാം ബ്രിട്ടീഷ് സർക്കാരിനെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു നടക്കുന്നുണ്ട് എന്ത് സംഭവിക്കും എന്തു സംഭവിക്കില്ല എന്നത് പ്രവചനങ്ങൾക്ക് അതീതമാണ് ചിലപ്പോൾ കൺമുന്നിൽ ചിലത് സംഭവിക്കാൻ പോകുന്നതായി നമുക്ക് തോന്നും പക്ഷേ സംഭവിക്കുന്നതോ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത മറ്റൊന്നായിരിക്കും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അദൃശ്യശക്തിയാണ് ഇതിനൊക്കെ പിന്നിൽ ഒരു ഇലയനക്കം മുതൽ പ്രകൃതിയുടെ ക്രോധം അത് നിയന്ത്രിക്കുന്നത് ആ ശക്തിയാണ് എനിക്ക് എന്നെക്കുറിച്ച് ആശങ്കയില്ല ഞാൻ ചിന്തിക്കുന്നത് ബരീന്ദ്രനെക്കുറിച്ചാണ് ചിന്തകൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്നറിയാം പക്ഷേ മനുഷ്യന്റെ മനസ്സല്ലേ എന്തു ചെയ്യാന് കള്ളക്കഥമനഞ്ഞ് നമ്മെ കുരുക്കാൻ ശ്രമിച്ച നരേന്ദ്രനാഥ് ഗോസ്വാമി ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നാലും നമ്മുടെ കാര്യങ്ങൾ വ്യക്തവും വസ്തുനിഷ്ഠവുമായി കോടതി മുൻപാകെ ബോധിപ്പിക്കാൻ നല്ലൊരു വക്കീൽ പോലുമില്ല ഏട്ടിനിപ്പോൾ ഒരു അദൃശ്യ ശക്തിയെക്കുറിച്ച് പറഞ്ഞില്ലേ ആ ശക്തി തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നതും നടപ്പിലാക്കുന്നതും അത് തികച്ചും സത്യമായ കാര്യമാണ് ആരും സഹായിക്കുമെന്ന് കരുതിയതല്ല എന്നാൽ പെട്ടെന്നാണ് ഒരു ദിവസം അരവിന്ദന് വേണ്ടി കോടതിയിൽ ഹാജരാകും എന്നറിയിച്ചുകൊണ്ട് ഒരു കത്ത് ലഭിക്കുന്നത് ഏട്ടന്റെ സുഹൃത്ത് എന്താ സുഹൃത്തോര് ദാസ് ഓ എന്ത് എല്ലാവരും നിശബ്ദരാവുക രേഖകളെല്ലാം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് മിസ്റ്റർ ചിത്രരഞ്ജൻ താങ്കളോ യെസ് മിസ്റ്റർ നോട്ടൺ ഞാൻ തന്നെ യെസ് സാർ സർ ബരീന്ദ്രകുമാർ കോഷ് ഉല്ലാസ്കർ ദത്ത് എന്നിവരോടൊപ്പം മറ്റ് ആറ് തടവുകാരുടെയും കാര്യത്തിൽ രണ്ടു പക്ഷത്തിന്റെയും വാദം കോടതി കേട്ട് കഴിഞ്ഞു ഇനി വാദം ബാക്കിയുള്ളത് അരവിന്ദ്ഘോഷിന്റെ കേസിൽ മാത്രമാണ് സാക്ഷി നടന്നു കഴിഞ്ഞു സർ അരവിന്ദ്ഘോഷിനെതിരെ വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് നിരപരാധികളായ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് എത്ര കുട്ടികളാണ് അനാഥരാക്കപ്പെട്ടത് എത്ര സ്ത്രീകളാണ് വിധവകളാക്കപ്പെട്ടത് എത്ര വീടുകളാണ് തകർന്നടിഞ്ഞത് ആ ബോംബ് സ്ഫോടനത്തിൽ അരവിന്ദന്റെ ഇളയ സഹോദരനായ ബരീന്ദ്രന്റെ പങ്ക് നേരത്തെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് രണ്ട് സഹോദരങ്ങളും ചേർന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് മണിക്തല്ല എന്ന സ്ഥലത്തുനിന്ന് അരവിന്ദ്ഘോഷിന്റെ കുറച്ച് രേഖകൾ കിട്ടിയിരുന്നു അതിൽ വലിയവൻ ചെറിയവൻ എന്നീ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു സാക്ഷിയായ ഗോസ്വാമിയുടെ മൊഴിയിൽ വലിയവൻ എന്നാൽ അരവിന്ദഘോഷും ചെറിയവൻ എന്നാൽ ബരീന്ദ്രകുമാർ എന്നുമാണ് ഇതുകൂടാതെ ബോംബെന്നും ഗൂഢാലോചന എന്നും പരാമർശം വരുന്ന ചില രേഖകളും ലഭിച്ചിട്ടുണ്ട് വന്ദേമാതരം ദിനപത്രത്തിൽ അരവിന്ദ് എഴുതിയ ലേഖനങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാകും എത്തരത്തിലാണ് ഇയാൾ ജനങ്ങളെ സർക്കാരിനെതിരാക്കുന്നതെന്ന് സർ അരവിന്ദ്ഘോഷിനെതിരെ കണ്ടെത്തിയ തെളിവുകളെല്ലാം തന്നെ രാജ്യദ്രോഹ കുറ്റത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് അതിനാൽ തന്നെ ഈ രാജ്യദ്രോഹിയെ ഭാവിയിൽ ഒരാളും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി തല ഉയർത്താത്ത കഠിന ശിക്ഷയ്ക്ക് വിധേയനാക്കണം ദാറ്റ് ഓൾ യുവർ ഓണർ ചിത്തരദാസ് താങ്കൾക്ക് സാർ അരവിന്ദ്ഘോഷിന്റെ കേസ് ഞാൻ ആഴത്തിൽ പഠിച്ചു അരവിന്ദിനോടൊപ്പം ജയിലിൽ കഴിയുന്ന ഭൂരിഭാഗം പേരും ഇതേ കുറ്റം ചുമത്തപ്പെട്ടവരാണ് അവരിൽ ചിലരെ കുറ്റവിമുക്തരാക്കിയിട്ടുമുണ്ട് സാർ അരവിന്ദ്ഘോഷിന്റെ കേസ് പൂർണമായും വെറും സംശയങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒന്നിനും ശക്തമായ തെളിവുകളില്ല ഒരു തടവുകാരന്റെ തന്നെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരുവിനെ ശിക്ഷിക്കുന്നത് ന്യായമാണോ സാക്ഷികൾ നിർമ്മിക്കപ്പെടുന്നത് എത്തരത്തിലാണെന്ന് നമുക്കെല്ലാം അറിയാം തനിക്കൊന്നും തന്നെ അറിയില്ലെന്നും പോലീസുകാർ ബലം പ്രയോഗിച്ചു കൊണ്ടുവന്നതാണെന്നും മറ്റൊരു സാക്ഷി കോടതി മുൻപാകെ ബോധിപ്പിച്ചിരുന്നു ഈ കേസിലെ ഒരേയൊരു സാക്ഷി നരേന്ദ്രനാഥ് ഗോസ്വാമിയാണ് അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ലതാനും ആയതിനാൽ തന്നെ മരിച്ച വ്യക്തിയുടെ സാക്ഷിമൊഴി റദ്ദു ചെയ്യണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുന്നു സർ ഏതൊരു വിഷയത്തെ ആണെങ്കിലും നാം മുൻവിധികളോടെ സമീപിച്ചാൽ പിന്നീടങ്ങോട്ട് അതുമാത്രമേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അങ്ങനെയൊരാൾക്ക് ഒരിക്കലും നിഷ്പക്ഷമായി ചിന്തിക്കാനുമാവില്ല അപ്പോൾ വെറുമൊരു കത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളോ വാക്കുകളോ കൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അരവിന്ദ്ഘോഷിന്റെ വന്ദേമാതിരത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളെക്കുറിച്ചാണ് എല്ലാം തന്നെ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടവയാണ് അവയെല്ലാം തികച്ചും സാഹിത്യപരവും ഒരു കവിയുടെ ഹൃദയത്തിലുദിച്ച ദിവ്യമായ ഭാവനകളുമാണ് രാജ്യസ്നേഹത്തെക്കുറിച്ച് പരാമർശിച്ചാൽ അതെങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത് ദേശവാസികളിൽ ദേശസ്നേഹത്തിന്റെ ജ്വാലം നിറയ്ക്കുന്നത് രാജ്യദ്രോഹമാണോ ഒരിക്കലുമല്ല അരവിന്ദ്ഘോഷിനെ എനിക്ക് വ്യക്തിപരമായി അറിയാം അരവിന്ദ്ഘോഷ് ഒരു ഈശ്വരവിശ്വാസിയാണ് വിദ്യാസമ്പന്നനാണ് സ്വതന്ത്രമായും മൌലികമായും ചിന്തിക്കാൻ കഴിയുള്ള വ്യക്തിയാണ് പ്രകൃതി ഭൂമിയെ തന്റെ അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ചെറിയൊരു ഉറുമ്പിനെ പോലും അദ്ദേഹത്തിന് വേദനിപ്പിക്കാനാവില്ല അങ്ങനെയൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയധികം ആളുകളെ കൊല്ലാനാവുക സർ നിയമം രാജ്യത്തിന്റെയും രാജ്യത്തെ ജനങ്ങളുടെയും നന്മയ്ക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലാതെ നിരപരാധികളെ ജയിലിലടയ്ക്കാനോ പീഡിപ്പിക്കാനോ തൂക്കിലേറ്റാനോ വേണ്ടിയല്ല ജനങ്ങൾ ചേർന്നാണ് സമൂഹവും രാജ്യവും നിർമ്മിക്കപ്പെടുന്നത് അങ്ങനെയല്ല എങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉദ്ദേശം എന്താണ് ഒരുവിനെ തൂക്കിലേറ്റിയ ശേഷം അയാൾ നിരപരാധിയാണ് എന്ന് നമുക്കയാളെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ ഏകാന്ത കാരാഗ്രഹവാസകാലത്ത് നഷ്ടപ്പെടുത്തിയ അയാളുടെ ജീവിതത്തിലെ അമൂല്യനിമിഷങ്ങളെ തിരികെ നൽകാൻ സാധിക്കുമോ ഇല്ല സാർ ജീവൻ നൽകാൻ കഴിയാത്ത നമുക്ക് ഒരു നിരപരാധിയുടെ ജീവനെടുക്കാൻ എന്തവകാശമാണുള്ളത് ആയതിനാൽ തന്നെ കോടതി മുൻപാകെ അവസാനമായി എനിക്ക് ഒന്നേ ബോധിപ്പിക്കാനുള്ളൂ എന്റെ കക്ഷി അരവിന്ദ് ഘോഷ് നിരപരാധിയാണ് നിരപരാധിയാണ് നിരപരാധിയാണ് മിസ്സർ ചിത്തരഞ്ജൻ ദാസിന്റെ വാക്കുകൾ സ്പഷ്ടവും എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്നവയും നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നവയുമാണ് ലേഖകൻ ഗൂഢാലോചന നടത്തിയെന്ന മുൻവിധിയോട് സമീപിച്ചാൽ സംശയാസ്പദമായ നിരവധി ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താനാകും എന്നാൽ മുൻവിധികളൊന്നുമില്ലാതെ സമീപിച്ചാൽ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താനാവില്ല ഇനി ഇന്നത്തെ വിധി വായിക്കാം ബോംബ് സ്ഫോടനക്കേസിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ ആറുപേർക്ക് കാലാപാനിയും ആറുപേർക്ക് നാല് വർഷത്തെ കഠിന ഈ കോടതി വിധിക്കുന്നു എല്ലാവരുടെയും പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വിധി നിങ്ങൾക്ക് ലഭിക്കും ബരീന്ദ്രകുമാർ ഘോഷിനും ഉല്ലാസ്കർ ദത്തിനും ഈ കോടതി വധശിക്ഷ വിധിക്കുന്നു അരവിന്ദ്ഘോഷിനെതിരെ ഹാജരാക്കിയ തെളിവുകൾ അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് സ്ഥാപിക്കാൻ ഉതകുന്നവയല്ല മതിയായ തെളിവുകളുടെ ഭാവത്തിൽ ഈ കോടതി അരവിന്ദ് കുറ്റവിമുക്തനാക്കുന്നു ശരി അരവിന്ദ് എന്റെ ദൗത്യം പൂർത്തിയായി ഞാൻ പോകുന്നു സരോജിനി നീ എന്താണ് ഇത്ര ശ്രദ്ധയോടെ വായിക്കുന്നത് ഏട്ടത്തി ഏട്ടന്റെ ലേഖനാണ് ജയിൽ മോചിതനായ ശേഷം കടപ്പാട് അറിയിച്ചുകൊണ്ട് എഴുതിയത് എങ്കിൽ കേൾക്കട്ടെ വിചാരണ വേളയിൽ എന്നെ സഹായിച്ച എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു തന്നാൽ കഴിയും വിധം നൽകി എന്റെ മോചനത്തിനായി പ്രവർത്തിച്ച ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എണ്ണ ആളുകൾ അവർ ഓരോരുത്തരോടുമായി നന്ദി അറിയിക്കുക എന്നത് സാധ്യമല്ലാത്തതിനാൽ സുമനസുകൾക്ക് പരസ്യമായി തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു മോചിതനായ ശേഷം നിരവധി ടെലഗ്രാമുകളും കത്തുകളും എന്നെ തേടിയെത്തി എണ്ണത്തിൽ വളരെ കൂടുതലായതിനാൽ ഓരോന്നിനും മറുപടി എഴുതാനും സാധിച്ചില്ല എനിക്കുവേണ്ടി പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ എക്കാലവും നന്ദിയുള്ളവനായിരിക്കും എന്റെ രാജ്യസ്നേഹം എന്നെ അപകടത്തിലാക്കിയെങ്കിലും എന്റെ രാജ്യത്തെ ജനങ്ങൾ എന്നെ ആ അപകടത്തിൽ നിന്നും കരകയറ്റിയത് അപകടം പൂർണ്ണായും ഒഴിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ വീടിന് ചുറ്റു ഏതു സമയത്തും പോലീസാണ് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ്രിട്ടീഷ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏട്ടന്റെ മോചനം അവരുടെ പരാജയമാണ് അതിന്റെ ദേഷ്യം ഇല്ലാതിരിക്കോ കേസ് ആഴത്തിൽ പഠിക്കാതെ വിധി പറഞ്ഞു എന്ന ആരോപണം ജഡ്ജ് ബീച്ച് നിലനിൽക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ആറ് മാസം കഴിഞ്ഞു അവർ ഇപ്പോഴും രേഖകൾ തിരഞ്ഞു നടക്കുകയാണത്രേ പോലീസിന്റെ നിരീക്ഷണം കാണുമ്പോ വീണ്ടും മറ്റേതെങ്കിലും കേസിലകപ്പെടുത്തോ എന്ന ഭയാണ് മനസ്സു മുഴുവൻ ഏട്ടനോട് അധികം പുറത്തിറങ്ങണ്ട എന്ന് പറയൂ എപ്പോഴെങ്കിലും ഞാൻ അദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ടോ ഹാ എല്ലാം വിധി പോലെ വരട്ടെ ആ ആരെ വാതിൽ മുട്ടിയല്ലോ ഏട്ടനായിരിക്കും ഞാൻ തുറക്കാം ആരാന്ന് നോക്കിയിട്ട് തുറന്നാ മതി എഴുന്നേൽക്കണ്ടാ ഇരിക്കേ എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്തുപറ്റി എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ഈ വ്യത എന്നെ വിട്ടുമാറുമെന്ന് തോന്നുന്നില്ല ഇതെന്റെ കൂടപ്പുറപ്പാണ് നാളിനി വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു മൂന്നുതരം ഭ്രാന്തകളാണ് എനിക്കുള്ളതെന്ന് ഓർമ്മയുണ്ടോ ഈശ്വരൻ നൽകുന്നതിൽ നിന്നും കഴിഞ്ഞു പോകാനുള്ളതൊഴിച്ച് ബാക്കിയില്ലാത്തവന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണെന്റെ ആദ്യത്തെ ഭ്രാന്ത് ഞാൻ ഈശ്വരനോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു അതാണെന്റെ രണ്ടാമത്തെ ഭ്രാന്ത് മൂന്നാമതായി ഞാൻ ഈ രാജ്യത്തെ എന്റെ അമ്മയായി കണക്കാക്കുന്നു അമ്മയെ ഞാൻ ആരാധിക്കുന്നു അമ്മ നൽകിയതെല്ലാം എല്ലാം തന്നെ അമ്മയ്ക്ക അവകാശപ്പെട്ടതാണ് ഓർമ്മയുണ്ട് എനിക്കതിൽ യാതൊരു പരാതിയുമില്ല പരാതിയുണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കാൻ എനിക്കാവില്ല മൃണാളിനി നീ നിന്റെ മനസ്സിനെ ഈശ്വരനിലർപ്പിക്കൂ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നെ ഏറ്റവും വലിയ ശത്രുവായാണ് കാണുന്നത് അവരിപ്പോഴും എന്റെ ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലും രാജ്യദ്രോഹത്തിന്റെ അംശം പരതുകയാണ് എന്നെ ജയിലടക്കുക എന്ന ഒറ്റ ഉദ്ദേശമേ അവർക്കുള്ളൂ എന്നെ പുറത്ത് നിർത്തിയാൽ ഞാൻ മറ്റൊരു വിപ്ലവ സംഘം രൂപീകരിക്കുമോ എന്ന ഭയമാണവർക്ക് കർമ്മയോഗിയിൽ എന്റെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാഷ്ട്രത്തിന്റെ ആദർശത്തെക്കുറിച്ചാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത് നിയമ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച എന്റെ വീക്ഷണങ്ങൾ വളരെ വ്യക്തമായി ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഭീഷണികൾ കുറഞ്ഞു എങ്കിലും പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ പിന്മാറില്ല വിപ്ലവകാരികളെ പൂർണമായും ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിനാലാണ് വിപ്ലവകാരികളെ ദീർഘകാലത്തേക്ക് ദൂരെ ജയിലിലടക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നത് അമ്പത് അൻപത്തിയഞ്ചോളം പേരെ ജയിലിലടയ്ക്കാനാണ് പദ്ധതി അതിലൊരാൾ ഈ ഞാനാണ് ഇതിന്റെ എല്ലാം തലച്ചോറ് ഞാനാണെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത് അതെ ഞാനാണ് അവസാന ശ്വാസം വരെ ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളോട് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും സ്വാതന്ത്ര്യം ആരുടെയും ഭിക്ഷയല്ല അത് നേടിയെടുക്കുക തന്നെ വേണം ഇതെല്ലാം കേട്ടിട്ട് എനിക്കാകെ ഭയമാകുന്നു എന്തിന് മരണം എന്നത് ജീവിതത്തിലെ പരമമായ സത്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഏകാന്ത ഞാൻ സ്ഥിരം ധ്യാനിക്കാറുണ്ടായിരുന്നു അതെന്നെ ആനന്ദത്തിലാഴ്ത്തി സ്വരാഷ്ട്രത്തിന്റെ വിപ്ലവപാതയിൽ നടന്ന് നടന്ന് ഞാനിന്ന് ആധ്യാത്മിക വിപ്ലവത്തിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു ധ്യാനത്തിലിരിക്കെ ഇവിടെ നിന്ന് പോകാനുള്ള നിർദ്ദേശം ലഭിച്ചു എവിടേക്ക് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്ന് ദൂരെ മറ്റെവിടേക്കെങ്കിലും എന്നെ തനിച്ചാക്കിട്ടോ വിധി എന്താണെന്ന് അറിയില്ല പക്ഷേ എന്നെങ്കിലും നാം വീണ്ടും കണ്ടുമുട്ടും എവിടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതെങ്കിലും ഒന്ന് പറയൂ പറയാ പക്ഷേ അതേപോലെ മറന്നു കളഞ്ഞേക്കണം ഇവിടെ നിന്ന് രാത്രിയുടെ മറവിൽ നദീതീരത്തെത്തണം അവിടെ വള്ളമുണ്ടാകും അതെന്നെ ചന്ദൻ നഗറിലെത്തിക്കും ചന്ദൻ നഗർ ഫ്രഞ്ച് അധീനതയിലാണ് അവിടെ എത്തിയാൽ പിന്നെ ബ്രിട്ടീഷുകാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എപ്പോഴാണ് പോകുന്നത് ഇന്ന് ഇന്നോ ഇപ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനൊരു തീരുമാനം അത്ര ഗുരുതരമാണ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം മണ്ണും രാജ്യവും ഉപേക്ഷിച്ചു പോകാൻ ആഗ്രഹിക്കുകയോ എനിക്കെതിരെ ശക്തമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ജയിലഴികൾക്കുള്ളിലാകാം അതിനു മുൻപ് എനിക്കിവിടെ ഒന്ന് പോകണം എപ്പോൾ തന്നെയോ അതെ ഇപ്പോൾ തന്നെ ആ താൻ ഒരു കാര്യം ചെയ്യൂ പോയി വീടിന് ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നിരീക്ഷിച്ചു വരൂ പോകൂറ്റും ആരും കണ്ടില്ല ശരി ഞാൻ പോകുന്നു പ്രതീക്ഷ ക ഇവിടരുത് ഈ അന്ധകാരം ഈ രാത്രിയുടേതും മാത്രമാണ് നാളെ ഒരു പുത്തൻ പ്രഭാതം വിരിയും പ്രതീക്ഷകളുടെ വെളിച്ചവും വേണ്ടി പുതിയൊരു പ്രഭാതം വിരിയുക തന്നെ ചെയ്യും സ്വന്തം നാടിന്റെ പൂർണ്ണവിമോചനത്തിനായി ഈ മണ്ണിൽ വീണലിന്ന് ചേർന്ന ത്യാഗോജ്വലമായ സ്വയം സമർപ്പണങ്ങൾക്ക് മുന്നിൽ ശിരസ് നമയ്ക്കുകയാണ് അന്നും ഇന്നും നാടകം തടവറ ജയവർദ്ധന്റെ നിർജൻ കാരാവാസ് എന്ന മൂലഹിന്ദി രചനയുടെ മലയാള പരിഭാഷ പരിഭാഷക അനുരാജി പി ആർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അരവിന്ദ്ഘോഷ് ദേവദാസ് നരേന്ദ്രനാഥ് ഗോസ്വാമി ഭുവൻ ചാറ്റർജി ശബ്ദം പോലീസുകാരൻ ശ്രീമൂലനഗരം പൊന്നൻ പോലീസ് കമ്മീഷണർ ഹെലിഡെ സോക്രട്ടിസ് കെ വാലത്ത് सरोजनी सिंधु टी गंगाधर पोलि सूप्रेंड क्रेगन कवलक जतिन वीकेके रमेश डॉक्टर डेली मौलवी मौलाना शंसु आलम वेणुगोपाल सत्यन बोस् इंसपेक्ट प्रदीपन एम एरकुमार घोष हरी पशुपति हेमदास् डॉ के जयकृष्ण शब्द എഇ വാമനൻ നമ്പൂതിരി കാവൽക്കാരൻ സി എസ് അനുരൂപ് പബ്ലിക് പ്രോസിക്യൂട്ടർ നോർത്തൻ അവനീഷ് എസ് പി ജഡ്ജ് ബീച്ച് ക്രാഫ്റ്റ് കനയ്യ ലാൽ രാജേഷ് വിശ്വംഭരൻ മൃണാളിനി നിഷ മേനോൻ ചിത്തരഞ്ജൻ ദാസ് നവീൻ എം പോലീസ് രാജേഷ് മേനോൻ മജിസ്ട്രേറ്റ് ബെർലി ഹരീഷ് മേനോൻ സർഗാത്മക സഹകരണം റൂബി ബാബു ബിജു സോമശേഖർ എ ബി ശ്രീകുമാർ രാജേഷ് കെ സംവിധാനം അഞ്ജു പി അർജ്ജുനൻ നിർവഹണം ജയ സി ആർ അവതരണം ആകാശവാണി തൃശൂർ